ം ഇരുപത്തിരണ്ട് ഒരുത്തൻ ഒരു കാളയെയോ ഒരു ആടിനെയോ മോഷ്ടിച്ച് അറുക്കുകയാകട്ടെ വിൽക്കുകയാകട്ടെ ചെയ്താൽ അവൻ ഒരു കാളയ്ക്ക് അഞ്ചു കാളയെയും ഒരാടിന് നാല് ആടിനെയും പകരം കൊടുക്കണം കള്ളൻ വീട് മുറിക്കുമ്പോൾ പിടിക്കപ്പെട്ട് അടി മരിച്ചുപോയാൽ അവനെ സംബന്ധിച്ച് രക്തപാതകം ഇല്ല എന്നാൽ അത് നേരം വെളുത്ത ശേഷമാകുന്നു എങ്കിൽ രക്തപാതകം ഉണ്ട് കള്ളൻ ശരിയായിട്ട് പ്രതിശാന്തി ചെയ്യണം അവൻ വകയില്ലാത്തവനെങ്കിൽ തന്റെ മോഷണം നിമിത്തം അവനെ വിൽക്കണം മോഷണവസ്തുവായ കാളയെയോ കഴുതയെയോ ആടിനെയോ ജീവനോടെ അവന്റെ കൈവശം കണ്ടുപിടിച്ചാൽ അവൻ ഇരട്ടി പകരം കൊടുക്കണം ഒരുത്തൻ ഒരു വയലോ മുന്തിരിത്തോട്ടമോ തീറ്റിക്കയാകട്ടെ തന്റെ കന്നുകാലിയെ അഴിച്ചുവിട്ട് അത് മറ്റൊരുത്തന്റെ വയലിൽ മേയുകയാകട്ടെ ചെയ്താൽ അവൻ തന്റെ വയലിലുള്ളതിൽ ഉത്തമമായതും തന്റെ മുന്തിരിത്തോട്ടത്തിലുള്ളതിൽ ഉത്തമമായതും പകരം കൊടുക്കണം തീവീണ് കാട് കത്തിയിട്ട് കറ്റക്കൂട്ടമോ വിളവോ നിലമോ വെന്തുപോയെങ്കിൽ തീ കത്തിച്ചവൻ പകരം കൊടുക്കണം ഒരുത്തൻ കൂട്ടുകാരന്റെ പറ്റിൽ പണമോ വല്ല സാധനമോ സൂക്ഷിപ്പാൻ ഏൽപ്പിച്ചിരിക്കെ അത് അവന്റെ വീട്ടിൽ നിന്ന് കളവുപോയാൽ കള്ളനെ പിടികിട്ടി എന്നുവരികിൽ അവനിരട്ടി പകരം കൊടുക്കണം കള്ളനെ പിടികിട്ടാതിരുന്നാൽ ആ വീട്ടുകാരൻ കൂട്ടുകാരന്റെ വസ്തുവിന്മേൽ കൈവച്ചിട്ടുണ്ടോ എന്നറിവാൻ അവനെ ദൈവസന്നദ്ധിയിൽ കൊണ്ടുപോകണം കാണാതെ പോയ കാള കഴുത ആട് വസ്ത്രം മുതലായ യാതൊന്നിനെയും സംബന്ധിച്ച് ഇത് എനിക്കുള്ളതെന്ന് ഒരുവൻ പറഞ്ഞ് കുറ്റം ചുമത്തിയാൽ ഇരുപാട്ടുകാരുടെയും കാര്യം ദൈവസന്നദ്ധിയിൽ വരേണം കുറ്റക്കാരനെന്ന് ദൈവം വിധിക്കുന്നവൻ കൂട്ടുകാരന് ഇരട്ടിപ്പകരം കൊടുക്കണം ഒരുത്തൻ കൂട്ടുകാരന്റെ പക്കൽ കഴുത കാള ആട് എന്നിങ്ങനെ ഒരു മൃഗത്തെ സൂക്ഷിപ്പാൻ ഏൽപ്പിച്ചിരിക്കെ അത് ചത്തുപോകയോ അതിനുവല്ല കേടുതട്ടുകയോ ആരും കാണാതെ കളവുപോകയോ ചെയ്താൽ കൂട്ടുകാരന്റെ വസ്തുവിന്മേൽ അവൻ കൈവച്ചിട്ടില്ല എന്ന് യഹോവയെക്കൊണ്ടുള്ള സത്യം ഇരു പാട്ടുകാർക്കും തീർച്ചയായിരിക്കണം ഉടമസ്ഥൻ അത് സമ്മതിക്കണം മറ്റവൻ പകരം കൊടുക്കേണ്ട എന്നാൽ അത് അവന്റെ പക്കൽ നിന്ന് കളവുപോയിയെന്നുവരികിൽ അവൻ അതിന്റെ ഉടമസ്ഥന് പകരം കൊടുക്കണം അത് കടിച്ചുകീറിപ്പോയെങ്കിൽ അവനതിന് സാക്ഷ്യം കൊണ്ടുവരേണം കടിച്ചു കീറിപ്പോയതിന് അവൻ പകരം കൊടുക്കേണ്ട ഒരുത്തൻ കൂട്ടുകാരനോട് വായ്പ വാങ്ങിയിട്ട് ഉടമസ്ഥൻ അരികയില്ലാതിരിക്കെ വല്ല കേടുഭവിക്കുകയോ ചത്തുപോകുകയോ ചെയ്താൽ അവൻ പകരം കൊടുക്കണം ഉടമസ്ഥൻ അരികയുണ്ടായിരുന്നാൽ അവൻ പകരം കൊടുക്കേണ്ട അത് കൂലിക്ക് വാങ്ങിയതെങ്കിൽ അതിന് കൂലിയുണ്ടല്ലോ വിവാഹത്തിന് നിയമിക്കപ്പെടാത്ത ഒരു കന്യകയെ ഒരു തൻ വശീകരിച്ച് അവളോടുകൂടെ ശയിച്ചാൽ അവൻ ശ്രീധനം കൊടുത്ത് അവളെ വിവാഹം കഴിക്കണം അവളെ അവനെ കൊടുപ്പാൻ അവളുടെ അപ്പന് അശേഷം മനസ്സില്ലെങ്കിൽ അവൻ കന്യകുമാരുടെ ശ്രീധനത്തിന് ഒത്തവണ്ണം പണം കൊടുക്കണം ക്ഷുദ്രക്കാരുത്തിയെ നീ വെക്കരുത് മൃഗത്തോടുകൂടെ ശയിക്കുന്ന മരണശിക്ഷ അനുഭവിക്കണം യഹോവയ്ക്ക് മാത്രമല്ലാതെ വേറെ ദൈവങ്ങൾക്ക് യാഗം കഴിക്കുന്നവനെ നിർമൂലമാക്കണം പരദേശിയെ പീഡിപ്പിക്കരുത് ഉപദ്രവിക്കുകയുമരുത് നിങ്ങൾ മിശ്രയിം ദേശത്ത് പരദേശികൾ ആയിരുന്നുവല്ലോ വിധവയേയും അനാഥനെയും നിങ്ങൾ ക്ലേശിപ്പിക്കരുത് അവരെ വല്ല പ്രകാരത്തിലും അവർ എന്നോട് നിലവിളിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ നിലവിളി കേൾക്കും എന്റെ കോപവും ജുലിക്കും ഞാൻ വാൾകൊണ്ട് നിങ്ങളെ കൊല്ലും നിങ്ങളുടെ സ്ത്രീകൾ വിധവമാരും നിങ്ങളുടെ പൈതങ്ങൾ അനാഥുരുമായി തീരും എന്റെ ജനത്തിൽ നിന്റെ അടുക്കലുള്ള ഒരു ദരിദ്രന് പണം വായ്പ കൊടുത്താൽ പൊലിക്കടക്കാരനെപ്പോലെ ഇരിക്കരുത് അവനോട് പലിശ വാങ്ങുകയുമരുത് നീ കൂട്ടുകാരന്റെ വസ്ത്രം പണയം വാങ്ങിയാൽ സൂര്യൻ അസ്തമിക്കു മുമ്പേ മടക്കി കൊടുക്കണം അതുമാത്രമല്ലോ അവന്റെ പുതപ്പ് അതുമാത്രമല്ലോ അവന്റെ ശരീരം മൂടുന്ന വസ്ത്രം അവൻ പിന്നെ എന്തോന്ന് പുതച്ച് കിടക്കും അവൻ എന്നോട് നിലവിളിക്കുമ്പോൾ ഞാൻ കേൾക്കും ഞാൻ കൃപയുള്ളവനല്ലോ നീ ദൈവത്തെ ദുഷിക്കരുത് നിന്റെ ജനത്തിന്റെ അധിപതിയെ ശപിക്കയുമരുത് നിന്റെ വിളവും ദ്രാവക വർഗവും അർപ്പിപ്പാൻ താമസിക്കരുത് നിന്റെ പുത്രന്മാരിൽ ആദ്യ എനിക്ക് തരണം നിന്റെ കാളകളിലും ആടുകളിലും അങ്ങനെ തന്നെ അത് ഏഴു ദിവസം തള്ളയോടുകൂടെ ഇരിക്കട്ടെ എട്ടാം ദിവസം അതിനെ എനിക്ക് തരണം നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം കാട്ടുമൃഗം കടിച്ചു കീറിയ മാംസം തിന്നരുത് നായ്ക്കൾക്ക് ഇട്ടുകളയണം